ദൈവനാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് ഇത്രയും സന്തോഷത്തോടെ എല്ലാവർക്കും ഒന്നിച്ച് വരാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ കഴിഞ്ഞയാഴ്ച പല പ്രിയപ്പെട്ടവർക്കും വരാനായിട്ട് ഇടയായില്ല വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ മൂലം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വീട് വിട്ടുമാറിയതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും വരാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം ഹാലലൂയ ഹലു ഒന്ന് പത്ര ദോസ് അഞ്ചാമധ്യായത്തിൽ കഷ്ടതയെക്കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ വാക്യമുണ്ട് ഒന്ന് പത്ര ദിവസം അഞ്ചാമധ്യായം അത് അതിൻ്റെ അഞ്ചിൻ്റെ പത്താമത്തെ വാക്യമാണ് ഒന്ന് പത്ര ദിവസം അഞ്ചിൻ്റെ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലം എന്ന നീക്കും അവനുള്ളത് ഈ മലയാളത്തിലെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ടതുപോലെ അങ്ങ് മനസ്സിലാവുകയില്ല എന്നുള്ളതൊരു സത്യമാണ് ഇത് മാല പോലെ ഒത്തിരി ആശയങ്ങൾ അങ്ങ് കോർത്തിട്ടേക്കുമ്പോൾ എന്തായി പറഞ്ഞത് ഇവിടെ നോക്കുക നമുക്കല്പകാലത്തേക്കൊരു കഷ്ടമുണ്ട് ആ കഷ്ടം ആ കഷ്ടം എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്നതിന് വേണ്ടിയാണ് മലയാളത്തിൽ അത് അത്രത്തോളം വ്യക്തമല്ല എന്നാൽ ഇംഗ്ലീഷിലൊരു വെർഷനിൽ ഈ കഷ്ടത നമുക്ക് ദൈവം അനുവദിക്കുന്നത് നമ്മളെ കൂടുതൽ പെർഫെക്റ്റ് ആക്കാനും നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനും കർത്താവിൽ തന്നെ ഗ്രൗണ്ടഡ് ആക്കാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവം ഈ നിലയിൽ കഷ്ടതകൾ പ്രയാസങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ബുദ്ധിമുട്ടുകൾ പല വിധത്തിലുള്ള പീഡനങ്ങൾ ഒക്കെയും നമുക്ക് അനുവദിക്കുന്നത് എന്നാണ് ആ വാക്യം പറയുന്നത് സത്യത്തിൽ നമുക്ക് ദൈവത്തിൽ കൂടുതൽ പെർഫെക്റ്റ് ആകണ്ടേ നമ്മളാരും പൂർണരായ ആളുകളല്ല പക്ഷേ നാം ഉദ്ദേശിക്കുന്നത് എന്താ നാം കർത്താവിനെ ലക്ഷ്യം വെച്ച് ഓടുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ പൂർണ്ണതയിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ കർത്താവിൽ കൂടുതൽ യഥാസ്ഥാനപ്പെടണ്ടേ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണ്ടേ വേണം വേണം നമ്മൾ കൂടുതൽ സ്ട്രെങ്തണ്ടാകട്ടെ നമ്മൾക്ക് കൂടുതൽ ശക്തി വേണ്ടേ വേണം ഇതെല്ലാം നടക്കാനായിട്ട് ദൈവം ചിലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില കൊടുങ്കാറ്റുകളും ഈശാനമൂലനുകളും ഒക്കെ അനുവദിക്കും അത് അത് കണ്ട് നമ്മൾ അതിൻ്റെ അതിനോട് ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി അതിനോട് സഹകരിച്ചു നിന്നാൽ മാത്രമേ നമുക്കത് പ്രയോജനമായി തീരുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആകെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം പ്രിയപ്പെട്ടവർ ആ നിലയിൽ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ എന്താ കഷ്ടതകൾ ഈ സങ്കീർത്തനക്കാരൊക്കെ ചിലപ്പം ഇതൊക്കെ വളരെ ഭംഗിയായിട്ടങ്ങ് പറഞ്ഞു വെക്കും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ എഴുപത്തൊന്നാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആ വാക്യം ഞാൻ കഷ്ടതയിലായതെനിക്ക് ഗുണമായി എന്തുകൊണ്ടാണ് നിൻ്റെ ചട്ടങ്ങളെ പഠിപ്പിനത് എനിക്ക് കൂടുതൽ സഹായകമായല്ലോ അതുകൊണ്ട് ഈ കഷ്ടങ്ങളെല്ലാം കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഏതോ എന്നിലെവിടെയോ ദൈവം നിന്നെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എന്നിൽ എന്തൊക്കെയോ ചില ചില ബലഹീനതകളുണ്ട് അത് മാറ്റാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് ഈ കഷ്ടത എന്നിതിനെ പോസിറ്റീവായിട്ടെടുക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ നൂറ്റി പത്തൊൻപതാം സം കീർത്തനത്തിൻ്റെ എഴുപത്തൊന്നാം വാക്യത്തിൽ നിന്നും കണ്ടത് അങ്ങനെയെങ്കിൽ എന്താണ് ഈ കഷ്ടതകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വന്ന കഷ്ടതകളിലൂടെ ദൈവം എന്താ നമ്മളോട് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി വ്യത്യസ്തരായ ആളുകളാണെങ്കിലും ഞാൻ എന്നോടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഞാൻ കുറച്ചൊരു പെട്ടെന്ന് പേടിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ ചിലപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഒരു മെലൻക്ലിക് നെയ്ച്ചർ കൂടുതലുള്ള ഒരാളാണ് എന്ന് ഞാൻ എന്നെ തന്നെ അങ്ങ് വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അപകടം എന്ന് കേൾക്കുമ്പോൾ ഉടനെ എന്ത് വരും പേടി വരും പേടി വരും പേടി വരും ഭയം വരും ഭയം ഭയം ഒരളവിൽ ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ പിശാജ് അടുത്ത് വരുന്നതിൻ്റെ കാലൊച്ചയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയം നമുക്ക് ആരോഗ്യകരമായ ഭയം വേണം ദൈവത്തെ ഭയം വേണം എന്നാൽ ആവശ്യമില്ലാത്ത ഭയം അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതിയെ തളർത്തിക്കളി നമ്മളെ ചില കാര്യങ്ങളിലങ്ങ് തളച്ചിട്ടുകളായി വർഷങ്ങൾ മുന്നോട്ട് പോയാലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ പുരോഗതി ഇല്ലാതെ നമ്മൾ മുരടിച്ച് നിന്ന് എന്താ കാര്യം പലപ്പോഴും അനാവശ്യമായ ഭയങ്ങൾ നമുക്കുണ്ടാകാം പ്രത്യേകിച്ചും കഷ്ടതകളൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ഫോൺ കോള് വരുന്നു ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കുന്നു അതേ തുടർന്ന് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നമുക്കെല്ലാം വരാവുന്നത് ഒരു പേടിയാണ് പേടിയ ഭയമാണ് ഒരു ഒരു ദൈവത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കഷ്ടതയ്ക്കൊരു ഇരട്ട സഹോദരനുണ്ട് കഷ്ടതയ്ക്ക് ഒരു ഇരട്ട സഹോദരനുണ്ട് കഷ്ടത ഒറ്റയ്ക്കല്ല ജനിച്ചത് കഷ്ടതയുടെ ഇരട്ട സഹോദരന്മാരാണ് ഭയമാണ് ഭയമാണ് ഇപ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളം കയറി വരുന്നു എന്ന് കേട്ടപ്പോൾ ആ വെള്ളം കയറി വരുന്നത് ഒരു കഷ്ടതയാണ് പക്ഷേ അതിനേക്കാളേറെ ആളുകളെ വിഷമിപ്പിച്ചതെന്താ അവരുടെ ഹൃദയത്തിൽ പൊങ്ങി വന്ന ഭയമാണ് ഭയമാണ് പ്രിയപ്പെട്ട ഒരു ഇത് ദൈവത്തിനറിയാം നമ്മുടെ സ്വഭാവം ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ആ പ്രയാസങ്ങളോടുള്ള ബന്ധത്തിലുള്ള ഭയത്തെ പുറത്താക്കാനാണ് ദൈവം ശ്രമിക്കുന്നത് അതിനുശേഷമാണ് ദൈവം ആ കഷ്ടതയെ മാറ്റിക്കളയുന്നു ഞാന പറഞ്ഞത് വ്യക്തമായോ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് ഭയം അത് നമ്മളെ അങ്ങ് തളർത്തി കളയാതിരിക്കാൻ വേണ്ടി ദൈവം ആദ്യം ചെയ്യുന്നു നമ്മുടെ ഭയത്തെ പുറത്താക്കുന്നു ആ ഭയം മാറിയ ശേഷം മാത്രമാണ് ദൈവം ആ കഷ്ടതയിൽ നിന്നും നമ്മളെ വിടുവയ്ക്കുന്നത് നമുക്ക് വിമോചനം തരുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനവിധമാണ് കർത്താവായ യേശു താനെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം നോക്കുക അവിടെ നമ്മളിപ്പോഴും അഭിമുഖിച്ചതുപോലെ വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായ ഒരു രംഗത്തെക്കുറിച്ച് പറയുന്നു പതിനാലാമധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ കാണുമ്പോൾ അവിടെ അവിടെ കാറ്റ് പ്രതികൂലമായി ഇരുപത്തിനാലാമത്തെ വാക്യം കാറ്റ് പ്രതികൂലമായി തിരകൾ വളരെ ഉയർന്നു വന്നു രാത്രിയുടെ നാലയ്യാമത്തിൽ കടൽമേൽ നടന്ന് കർത്താവ് അവരുടെ അടുത്ത് വന്നു എന്നിട്ട് കർത്താവ് അവരോട് പറയുന്നത് എന്താ അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം കർത്താവ് വന്നിട്ട് അവരോട് പറയുന്നു ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്തു ചെയ്തു കാറ്റിനെയും കോളിനെയും ശാസിച്ചു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി എന്നതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു നമ്മളാണ് കർത്താവിൻ്റെ സ്ഥാനത്തെങ്കിലെന്താ ചെയ്യുന്നത് ശിഷ്യന്മാർ കാറ്റിലും കോളിലും പെട്ട് പടകിൽ അലഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളാദ്യം കർത്താവിൻ്റെ സ്ഥാനത്ത് കടലിലൂടെ നടന്നു വരികയാണ് എന്ന് സങ്കല്പിക്കുക നമ്മളെന്തോ ചെയ്യും നമ്മളാദ്യം ആ കാറ്റിനെയും കോളിനെയും ശാസിക്കും കാറ്റിനെയും കോളിനെ ശാസിച്ച് ശാന്തത വരുത്തും അങ്ങനെയല്ലേ നമ്മൾ ആദ്യം ചെയ്യുക പക്ഷേ കർത്താവ് വ്യത്യസ്തനാണ് കർത്താവ് എന്തോ ചെയ്തു കർത്താവ് ആദ്യം അവരുടെ അധൈര്യത്തെ ശാസിച്ചു ഭയത്തെ ശാസിച്ചു അവരുടെ പേടിയെ കർത്താവ് പറഞ്ഞു ധൈര്യപ്പെടുവീൻ പേടിക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞു കണ്ടോ കർത്താവ് ആദ്യം അവരുടെ ഭയത്തെ പുറത്താക്കി അതിന് ശേഷമാണ് കർത്താവ് ആ കഷ്ടതയിൽ നിന്ന് അവർക്ക് മോചനം നൽകുന്നത് നമ്മളെ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാ വരുമ്പോഴും പല രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ അടുത്ത് വരുന്നവർ ഒരു കഷ്ടതയുടെ ഭാഗമായിട്ട് ഭയപ്പെട്ടും പേടിച്ചും വരുമ്പോൾ കർത്താവ് ആദ്യം ആ കഷ്ടതയെ മാറ്റി കൊടുക്കുകയല്ല ചെയ്യുന്നത് കർത്താവ് എന്താണ് ചെയ്യുന്നത് അവരുടെ ഭയത്തെ പുറത്താക്കുക എട്ടാമധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം ഒരു പള്ളിപ്രമാണിയുടെ മകള് മരിച്ചുപോയി നാൽപ്പത്തി ഒൻപത് മുതലുള്ള വാക്യം ലൂക്കോസെട്ടിൻ്റെ നാൽപ്പത്തി ഒൻപത് മുതലുള്ള വാക്യം അതിൻ്റെ അൻപതാം വാക്യം നോക്കുക ആ പള്ളിപ്രമാണി വന്ന് മകൾ മരിച്ച കാര്യം ഒക്കെ കേട്ടപ്പോൾ കർത്താവ് ആദ്യം എന്താ പറയണ്ടത് പറയുന്നത് അതിൻ്റെ അമ്പതാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട അവൻ്റെ ഭയത്തെ പുറത്താക്കിയാണ് കർത്താവ് ചെയ്യുന്നത് അതിന് ശേഷമാണ് കർത്താവ് വന്നിട്ട് ആ മരിച്ച കുഞ്ഞിനെ ഉയർപ്പിക്കുന്നത് ലൂക്കോസിൻ്റെ സുശിക്ഷ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നയിനിലെ വിധവയുടെ മകൻ മരിച്ചു രംഗവും നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ആ തെരുവീധിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ശവ ശവ യാത്ര ഇങ്ങനെ വരിക കർത്താവ് ആ വിധവ ആ വിധവയായ ആ നയിലെ വിധവയെ കണ്ടു അവളുടെ കണ്ണുനീര് കണ്ടു അവൾക്കേക മകൻ ഭർത്താവില്ല ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ ആറ്റുനോറ്റി വളർത്തിക്കൊണ്ടു വന്നതാണ് പക്ഷെ മരിച്ചുപോയി ഒരമ്മയുടെ ദുഃഖം അത് കർത്താവിന് മനസ്സിലാവും കർത്താവ് എന്താ ചെയ്തത് കർത്താവ് ആദ്യം അവളോട് പറഞ്ഞു കരയണ്ട പേടിക്കണ്ട ഭയപ്പെടണ്ട എന്ന് കർത്താവ് അരുളിച്ചെയ്തു അതിനു ശേഷമാണ് കർത്താവ് എന്തു ചെയ്തത് ഈ കുട്ടിയെ ഉയർപ്പിച്ചത് പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു വന്നത് കർത്താവിൻ്റെ ഒരു പ്രവർത്തനവിധം അങ്ങനെയാണ് എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്യുന്നത് കർത്താവ് ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം നമ്മൾ ഒരു കഷ്ടതയും ഒരു ഭയവും രണ്ടും കൂടെ വന്നാൽ ഏതാ നമ്മളെ നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടുതൽ അപകടകരമേതാണ് കഷ്ടതയാണോ അപകടകരം നിത്യതയോടുള്ള ബന്ധത്തിൽ കഷ്ടതയാണോ നിത്യതയോടുള്ള ബന്ധത്തിൽ അപകടകരം അതോ അതിനെക്കുറിച്ചുള്ള അകാരണമായ പേടിയാണോ നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് അപകടകരം തീർച്ചയായിട്ടും നമുക്ക് അപകടകരം നിത്യതയോടുള്ള ബന്ധത്തിൽ അനാവശ്യമായ ഭയമാണ് നിഷേധാത്മകമായ കാര്യങ്ങളെല്ലാം പിശാചിൽ നിന്നാണ് അനാവശ്യമായ ഭയം സംശയം ഇതെല്ലാം പിശാചിൽ നിന്നാണ് വരുന്നത് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ നമ്മൾ സ്വീകരിച്ച് അതിനെ നമ്മൾ അതിനങ്ങ് കീഴടങ്ങി അതിനങ് അടിപ്പെട്ട് അടിപ്പെട്ട് നിന്ന് പോയാൽ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതി തടസ്സപ്പെട്ടു പോകും ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതി തടസ്സപ്പെട്ടു പോകും അതുകൊണ്ട് നിത്യതയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഭയമാണ് കഷ്ടതയേക്കാൾ നമുക്ക് ഉപദ്രവകാരി എന്നറിയാവുന്നതുകൊണ്ട് കർത്താവ് എന്തു ചെയ്യുന്നു കർത്താവ് ഭയത്തെ പുറത്താക്കുന്നു നമ്മൾ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴും അവിടെ ഇതേ കാര്യം വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും മുപ്പത്തിനാലാം സങ്കീർത്തനം മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യവും അതിൻ്റെ ആറാമത്തെ വാക്യവും ചേർത്ത് വായിക്കുക നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ അവിടെ കാണാൻ കഴിയും മുപ്പത്തിനാലാം സങ്കീർത്തനം ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുക ഞാൻ യഹോവയോട് അപേക്ഷിച്ചു നാലാമത്തെ വാക്യം മുപ്പത്തിനാലിൻ്റെ നാല് ഞാൻ യഹോയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമിറളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു രണ്ട് വാക്യം താഴോട്ട് ആറാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഈ എളിവൽ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു കണ്ടോ ആ ഒരു ക്രമം കണ്ടോ ആദ്യം നാലാം വാക്യത്തിൽ ഭയത്തിൽ നിന്ന് വിടുവിച്ചു ആറാം വാക്യത്തിലാണ് ആ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നു നമ്മളാണെങ്കിലോ നമ്മളാണെ ചിലപ്പോൾ നേരെ തിരിച്ചു ചെയ്യും പക്ഷേ ദൈവം ചെയ്യുന്നത് ഭയത്തിൽ നിന്നാണ് നമ്മളെ ഒന്നാമത് ദൈവം മോചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദാവീതിൻ്റെ ജീവിതത്തിലുള്ള ആ ഭയത്തിൽ നിന്നെന്നെ വിടുവിച്ചു സങ്കീർത്തനക്കാരൻ പറയുക എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നിട്ട് എന്നിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കഷ്ടതയിൽ നിന്നും അവൻ വിടുവിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച പല കാര്യങ്ങളുടെയൊക്കെ മുമ്പാകെ നമുക്ക് നമുക്ക് ചിലപ്പം പെട്ടെന്നൊരു കാര്യം വരുമ്പോൾ ഒരു പേടി പെട്ടെന്ന് വരാം വരരുതെന്ന് പറയുന്നില്ല തീർച്ചയായിട്ടും നമ്മളാരും പച്ച മനുഷ്യരാണ് മജ്ജയും മാംസവും രക്തവുമുള്ള മനുഷ്യരാണ് നമ്മളാരും ഉരുക്ക് മനുഷ്യരൊന്നുമല്ല സർദാർ വല്ലഭായ് പട്ടേലോ മറ്റോ ഉരുക്ക് മനുഷ്യർ എന്ന് കേട്ടിട്ടുള്ളൂ നമ്മളാരും എന്തല്ല ഒരിക്ക മനുഷ്യരൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് ഒരു കുഞ്ഞ് ദൂരെ ആയിരിക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് ഫോൺ ചെയ്ത് ഒരു കാര്യം പറയുമ്പോൾ നമുക്കൊരു പേടി വരാം പേടി വരാം അത് അതിൽ തന്നെ തെറ്റല്ല പക്ഷെ ആ പേടിയിലകപ്പെട്ട് അയ്യോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് അതിന് കീഴടങ്ങി നിന്നാൽ നമ്മൾ പ്രിയപ്പെട്ടവരെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞൊരു ദിവസം തന്നെ ഒരു സഹോദരൻ പറഞ്ഞല്ലോ ഇപ്പോഴുണ്ടായ ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ തൻ്റെ വലിയ ബിസിനസ്സും തൻ്റെ ആ മുന്നോട്ടുള്ള പോക്കും പെട്ടെന്ന് അറസ്റ്റഡായി പെട്ടെന്ന് സ്വാഭാവികമായിട്ടൊരു പേടി വരാം എങ്ങനെ മുന്നോട്ട് പോകും പക്ഷേ എന്താ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പേടിയെ പുറത്താക്കാനാണ് പേടിയെ പുറത്താക്കുക അതിൽ അങ്ങ് അടിപ്പെട്ടു പോകരുത് ആ ഭയത്തിൽ നിന്ന് നമ്മളെ പുറത്താക്ക ഭയം നമ്മളിൽ നിന്ന് പുറത്താക്കി കഴിയുമ്പോൾ ദൈവത്തിന് പിന്നീട് കഷ്ടതയിൽ നിന്ന് കഷ്ടത മാറ്റാൻ ദൈവത്തിന് താരതമ്യേനെ എളുപ്പം ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ പേടി മാറ്റാനാ ദൈവത്തിന് പ്രയാസം കൂടുതലെന്നാണ് പറഞ്ഞത് നമ്മുടെ കഷ്ടത മാറ്റാൻ ദൈവത്തിന് അത്രത്തോളം പ്രയാസമില്ലെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കഷ്ടത മാറ്റാൻ ദൈവം തന്നെ തീരുമാനിച്ചാൽ മതി ദൈവത്തിനത് മാറ്റാൻ ഒക്കും പക്ഷേ നമ്മുടെ പേടി മാറ്റണമല്ലോ നമ്മളൂടെ സഹകരിച്ചാലേ പറ്റുള്ളൂ ദൈവത്തെ കൊണ്ട് മാത്രം അത് പറ്റുകയല്ല നമ്മുടെ ഒരു സഹകരണം വേണം നമ്മളതിനോട് എത്രത്തോളം സഹകരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ പേടിയിൽ നിന്ന് നമ്മളെ വിടുവിക്കാനായിട്ട് ദൈവത്തിന് കഴിയുള്ളൂ അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കഷ്ടത മാറ്റുക താരതമ്യേനെ എളുപ്പമാണ് ഭയം മാറ്റുകയാണ് ദൈവത്തിനും കൂടുതൽ ദുഷ്കരം എന്നുള്ള കാര്യം ഓർക്കണം കാരണം നമ്മൾ അതിനോട് സഹകരിക്കണം ഈ ഏറ്റവും കൂടുതൽ കഷ്ടത വന്ന ഒരു ബൈബിൾ കഥാപാത്രം യ്യോബാണല്ലോ ഇയോബ് യ്യോബിൻ്റെ ജീവിതത്തിൽ ഇയോബ് കടന്നുപോയി കഷ്ടതകളോടൊക്കെയുള്ള ബന്ധത്തിൽ ഈയോബ് ഒരിക്കൽ ഒരിക്കൽ പറയുന്ന ആ വാക്യം വളരെ ശ്രദ്ധേയമാണ് മൂന്നാമത്തെ അധ്യായം ഈയോബിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു കണ്ടോ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ട് നമ്മൾ ഭയപ്പെട്ടത് തന്നാണ് എനിക്ക് ഭവിച്ചത് എന്നാണ് ഈയോബ് ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത് ഈശയ്യാവിൻ്റെ പുസ്തകം അറുപത്തി ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും ഈ വാക്യത്തെ സാധൂകരിക്കുന്ന ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും ഏശയ്യാവിൻ്റെ പുസ്തകം അറുപത്തി ആറാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തെ നോക്കുക അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും അവരെന്താണോ പേടിക്കുന്നത് അതവർക്ക് വരുത്തും എന്ന് ദൈവം പറഞ്ഞിരിക്കുക അപ്പോൾ ഭയമെന്ന് പറയുന്നത് എത്ര എത്ര എത്ര നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് യോബിനെ സംബന്ധിച്ചിടത്തോളം യ്യോബിന് ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടായപ്പോൾ യോബ് തന്നെ തന്നെ ഒരു വിചാരണയ്ക്ക് വിധേയനാക്കിയിട്ട് യോബ് പറയുക അയ്യോ ഞാൻ ആവശ്യമില്ലാത്തത് പേടിച്ചു ഭയപ്പെട്ടു അതുതന്നെ എനിക്ക് വന്നു ഭയപ്പെട്ടത് അവർക്ക് ദൈവം പറയുക പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭയം എന്ന് പറയുന്നത് അതിനെ താലോലിച്ച് അതിനെ അങ്ങ് സ്വീകരിച്ചു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഈ കഷ്ടങ്ങളിലൂടെ നമ്മുടെ ഭയം ഭയപ്പെടുന്ന ആ മനോഭാവത്തെ അതിനെ പുറത്താക്കി നമ്മളെ കൂടുതൽ കർത്താവിൽ പെർഫെക്റ്റാക്കാനും കർത്താവിൽ കൂടുതൽ ശക്തരാക്കാനും കർത്താവിൽ കൂടുതൽ അടിസ്ഥാനമുള്ളവരായിട്ടാക്കാനും ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ഏശയോമിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ചല്ലോ ഏശയോമിൻ്റെ പുസ്തകത്തെ തന്നെ ഇതേ മട്ടിലുള്ള ചില വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതായത് ഒന്നാമത് ദൈവം ഭയപ്പെടണ്ട എന്ന് പറയുന്നു പിന്നീടാണ് ആ ഭയത്തിൻ്റെ കാരണമായ കഷ്ടതയെ ഒഴിവാക്കുന്നത് ശിയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം കണ്ടോ അതിൻ്റെ പതിമൂന്ന് പതിനാലേ വാക്യങ്ങൾ അവൻ എൻ്റെ വലം കൈക്ക് പിടിച്ച് യഹോവ എന്ന ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടണ്ട എന്ന് പറയുന്നു പുഴുവായ യാഘോബ് ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടണ്ട എന്നിട്ട് പിന്നെന്തോ ചെയ്യും പിന്നെ പതിനഞ്ചാമത്തെ വാക്യത്തെ താഴോട്ട് വരുമ്പോഴാണ് ഈ പുഴുവായ യാഘോബ് അല്ലെങ്കിൽ ഇസ്രായേൽ പരീക്ഷ ഭയപ്പെട്ടു പോയ കാര്യം എന്താ വലിയ പർവ്വതങ്ങളൊക്കെ അവൻ്റെ മുമ്പിൽ കണ്ടതുകൊണ്ടാണ് അവൻ പേടിച്ചു പോയത് ദൈവം എന്തോ ചെയ്യുന്നു പതിനഞ്ചാമത്തെ വാക്യത്തിൽ വന്നപ്പം ഇതാ ഞാൻ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടി ആക്കി തീർത്ത് നിന്നെക്കൊണ്ട് തന്നെ ഈ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതർ പോലെ ആക്കുകയും ചെയ്യും പതിനഞ്ചാം വാക്യത്തിലാണ് ആ പർവ്വതത്തെ മാറ്റുന്നത് പക്ഷേ പതിമൂന്ന് പതിനാല് വാക്യത്തിൽ ആദ്യം തന്നെ പറയുന്നു ഭയപ്പെടണ്ട എന്ന് പറയും നമ്മൾ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം ശിയാമൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം നോക്കുക അവിടെയും ഇതേ കാര്യം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ ഒന്നാമത്തെ വാക്യം യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്നിട്ടാണ് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ താഴെ എന്താ ഉള്ളത് താഴെ നദികൾ നദികൾ കവിഞ്ഞൊഴുകി തീയിൽ തീ ജ്വല അഗ്നിജ്വാല അപ്പോൾ അഗ്നിജ്വാലയിൽ ദഹിപ്പിക്കാതെയും തീയിൽ മുക്കിക്കളയാതെയും ഒക്കെയുള്ള വിടുതൽ അതിൻ്റെ താഴെയാണ് ആദ്യം എന്താ ആദ്യം ഭയത്തിൽ നിന്നുള്ള വിടുതലാണ് ദൈവം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഭയപ്പെട്ട് അനാവശ്യമായ ഒരു ഭയത്തിൽപ്പെട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുരോഗതി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആട്ടെ ഈ ഭയം ഭയം എങ്ങനെ അത് അത് എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മൾ ഭയത്തെക്കുറിച്ച് തന്നെ കുറച്ചുകൂടെ നമുക്ക് ഗൗരവമായിട്ട് നോക്കാം മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ഭയം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അത് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നു യഹോയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ നമുക്ക് അറിയാവുന്ന ഒരു വാക്യമാണ് പക്ഷേ ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായോ യഹോയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവി നമ്മൾ എന്ത് വേണം നമ്മൾ ദൈവത്തെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടുമ്പം അവൻ്റെ ഭക്തന്മാർക്ക് ഭക്തൻ എന്ന മലയാള പ്രയോഗം നമ്മൾ അത്ര നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല എന്നാൽ ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താ ദോസു ഫിയർഹിം ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് നമുക്ക് ഒന്നാമത് നമ്മൾ ദൈവത്തെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടുമ്പം നമ്മുടെ മറ്റു ഭയങ്ങൾ മാറിപ്പോകും എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് കണ്ടോ അതുകൊണ്ട് സൗകര്യന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയമുണ്ടാകുമ്പം ആ ഭയം എന്തിലേക്കാ വരല് ചൂണ്ടുന്നത് ഞാനങ്ങ് പേടിച്ചു പോയി അങ്ങനെ അങ്ങ് അങ്ങനെയല്ല അത് അല്ലെങ്കിൽ ആ ഭയത്തിനങ്ങ് കീഴ്പ്പിട്ട് പോയി എന്നല്ല ആ ഭയം ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മളെങ്ങനെയാണ് കാണേണ്ടത് എനിക്ക് ദൈവത്തെ വേണ്ടത്ര ഭയമില്ലാത്തതുകൊണ്ടാണ് ഈ മറ്റു ഭയങ്ങൾ വന്നത് എന്നതിലേക്കാത് വിരൽ ചൂണ്ടത് ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവന് എന്ത് വേണ്ട മറ്റൊന്നിനെ ഭയപ്പെടേണ്ട കാര്യമില്ല ലൂക്കോസിൻ്റെ അസുസിശേഷം പന്ത്രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ കർത്താവ് പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായം എൻ്റെ അഞ്ചാമത്തെ വാക്യം കണ്ടോ അഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുക ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നമ്മൾ ആരെ ഭയപ്പെടണം എന്ന് കാണിച്ചു കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീ അതേ അവനെ ഭയപ്പെടുവീ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവഭയം യഹോവ ഭക്തി എന്ന് പറയുന്നത് ഇന്ന് ഏതോ ഒരു കുഞ്ഞ ആ വാക്യം പറഞ്ഞു യഹോവയോടുള്ള ഭയം അതാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം കർത്താവ് പറയുന്നു നിങ്ങൾ എന്തു വേണം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ള വലിയവനായ ദൈവത്തെ ഭയപ്പെടണം അങ്ങനെ ഭയപ്പെട്ടാലോ ഏഴാമത്തെ വാക്യം പന്ത്രണ്ടിൻ്റെ ഏഴ് അങ്ങനെയുണ്ടെങ്കിൽ ആകയാൽ നിങ്ങൾ ഭയപ്പെടണ്ട മറ്റു കാര്യങ്ങൾ ഭയപ്പെടേണ്ട ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നെങ്കിൽ നമുക്ക് മറ്റു ഭയം വേണ്ടെന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞത് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാം വാക്യവും അത് തന്നെയാണ് പറഞ്ഞത് ദൈവത്തെ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടാൽ പിന്നെ മറ്റു ഭയങ്ങൾ ആവശ്യമില്ല ആവശ്യമില്ല ഈ കാര്യത്തെ ഇങ്ങനെ നമ്മൾ കാണുമ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതയോടനുബന്ധിച്ചൊക്കെ ഉണ്ടാകുന്ന ഭയങ്ങളെ നമ്മൾ വെറുതെ എനിക്കൊരു ഭയം വന്നു എന്ന നിലയിൽ അങ് എടുക്കുകയല്ല മറിച്ച് അതൊരു സൂചനയെ നമ്മളെവിടെയോ ദൈവത്തെ വേണ്ട വിധത്തിൽ ഭയപ്പെടുന്നില്ല ദൈവഭയത്തിൻ്റെ കുറവിലേക്കാണ് നമ്മുടെ മറ്റു ഭയങ്ങൾ വിരലിച്ചുകൊണ്ടത് യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവന് മറ്റു ഭയങ്ങളുടെ ആവശ്യമില്ല ആ എന്നെ ഭയപ്പെടുവീൻ എന്നു പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു നിങ്ങളുടെ തലയിലെ മുടി നാർ വീഴുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങളെങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചോ ഉള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട പക്ഷേ ആ പേടി മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള അല്ലെ നമ്മുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതം എങ്ങനെ പോകും കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാകും ഭാര്യയുടെ അസുഖത്തിൻ്റെ കാര്യം എങ്ങനെയാകും ഇങ്ങനെയൊക്കെയുള്ള ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പേടികളൊക്കെ വരുമ്പം നമ്മൾ എന്തിൽ അടിസ്ഥാനപ്പെടേണ്ടത് ദൈവത്തോടുള്ള ഭയത്തിൽ അടിസ്ഥാനപ്പെടേണ്ടത് ദൈവത്തോടുള്ള ഭയത്തിൽ വരുമ്പോൾ ആ ദൈവഭയം നമ്മുടെ മറ്റു ഭയങ്ങളെ മാറ്റിക്കളയും മറ്റ് ഭയങ്ങളെ മാറ്റിക്കളയും അതുകൊണ്ട് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരന് ഇത് കാര്യം മനസ്സിലായപ്പോൾ സങ്കീർത്തനക്കാരനെ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുക മക്കളെ വന്നെനിക്ക് ചെവി തരുവീൻ യഹോയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ച് തരാം യഹോയോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ലോഡ് ദൈവത്തോടുള്ള ദൈവഭയത്തെക്കുറിച്ച് ഞാൻ ഉപദേശിച്ചു കാരണം നിങ്ങൾക്ക് ദൈവഭയമുണ്ടെങ്കിൽ മറ്റു ഭയങ്ങൾ നിങ്ങളെ അലട്ടേണ്ട കാര്യമില്ല അതുകൊണ്ട് യഥാർത്ഥ ദൈവഭയം ദൈവഭക്തി ഞാന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് സങ്കീർത്തനക്കാരൻ പറയും നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഓർക്കുന്നുണ്ടോ നമ്മൾ പറഞ്ഞു വന്നത് കഷ്ടത വരുമ്പം അതിൻ്റെ കൂടെ അതിൻ്റെ ഇരട്ട സഹോദരനായിട്ട് ഭയം വരാം എന്നാൽ കഷ്ടത മാറ്റുകയല്ല ദൈവം ചെയ്യുന്നത് ഭയത്തെ മാറ്റുക ചെയ്യുന്നത് ഈ ഭയത്തെ മാറ്റാനായിട്ട് ഭയത്തെ നിന്ന് നമ്മളെ ആദ്യം വിമോചിപ്പിച്ചതിനു ശേഷമാണ് കർത്താവ് നമ്മളെ കഷ്ടതയിൽ നിന്ന് വിമോചിപ്പിക്കുന്നത് കാരണം ഭയമാണ് നമുക്ക് നിത്യതയിൽ കൂടുതൽ ഹാനികരം ഭയം മാറ്റാനാണ് ദൈവത്തിന് കൂടുതൽ പ്രയാസം കാരണം അതിന് നമ്മുടെ സഹകരണം ആവശ്യമുണ്ട് അതുകൊണ്ട് ഭയം ഒന്നാമത് മാറ്റുന്നു തുടർന്ന് നമ്മളെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു എന്നിട്ട് നമ്മൾ ചിന്തിച്ചത് എന്താ തുടർന്ന് നമ്മൾ ചിന്തിച്ചത് ഈ ഭയത്തെ നമ്മൾ ഒറ്റയ്ക്ക് അങ് എടുക്കരുത് ഇങ്ങനെ അനാവശ്യമായ ഒരു ഭയത്തിൽ നമ്മൾ അങ്ങ് മുങ്ങി മുങ്ങി മുങ്ങി പോകാൻ ഒരു കാരണമുണ്ടാവാം ആ കാരണം എന്താ നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടവനെ ഭയപ്പെടാത്തതും അവനിൽ നമ്മളൊരു സുരക്ഷിതത്വം കണ്ടെത്താത്തതുമായിരിക്കാം നമ്മളെ ഇത്തരം ഭയങ്ങളിലേക്ക് നടത്തുന്നത് അതുകൊണ്ട് ഈ ഭയങ്ങൾ നമ്മളുടെ മനസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവഭയത്തിലേക്ക് വരാനാണ് ശ്രമിക്കേണ്ടത് ഇനി നമുക്ക് ദൈവഭയത്തെക്കുറിച്ച് ദൈവഭയം എങ്ങനെയാണ് കുറയുന്നത് ദൈവഭയം എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു വാക്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം എൺപത്തിയാറാമത്തെ സങ്കീർത്തനത്തിലാണ് ആ വാക്യം നമ്മൾ കാണുന്നത് എൺപത്തിയാറാം സങ്കീർത്തനം എൺപത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം കഴിഞ്ഞൊരു ദിവസം ഈ വാക്യം വായിക്കാനായിട്ട് ഇടയായി എൺപത്തിയാറിൻ്റെ പതിനൊന്ന് യഹോവേ നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ ആ പതിനൊന്നിൻ്റെ രണ്ടാമത്തെ ഭാഗം നിൻ്റെ നാമത്തെ ഭയപ്പെടണം എനിക്ക് ദൈവമേ നിന്നെ ഭയപ്പെടണം പക്ഷേ ഭയപ്പെടാൻ ഒരു കാര്യം വേണം എന്താ വേണ്ടത് എൻ്റെ ഹൃദയം ഏകാഗ്രമായിരുന്നാലേ നിന്നെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാൻ കഴിയുള്ളൂ എൻ്റെ ഹൃദയം എപ്പോഴെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ആ കാര്യം ഏകാഗ്രമെന്നുള്ളതിന് പകരം എന്നെ അത് ഡിവൈഡഡ് ആയിട്ട് ആയിരിക്കുന്നു ഹൃദയം ഇപ്പോഴെന്തായിരിക്കുന്നു ഹൃദയം അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഈ വിഭജിക്കപ്പെട്ട ഹൃദയം ൊണ്ട് എനിക്ക് ദൈവത്തെ ഭയപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു യുണൈറ്റ് മൈ ലോഡ് മൈ ഹാർട്ട് യുണൈറ്റ് മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യണം അതിനെ ഒന്നിപ്പിച്ചാക്കണം അതിപ്പം വിഭജിക്കപ്പെട്ടിരിക്കുക പലതായിട്ട് പലതായിട്ട് പിരിഞ്ഞിരിക്കുക ആ പലതായിട്ട് പിരിഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കിയാലേ എനിക്ക് ദൈവത്തെ ഭയപ്പെടാനൊക്കെയുള്ളൂ ദൈവത്തെ ഞാൻ ആ നില ഭയപ്പെട്ടാലേ എൻ്റെ മറ്റു ഭയങ്ങൾ മാറിപ്പോവുകയുള്ളൂ എൻ്റെ മറ്റു ഭയങ്ങൾ മാറിപ്പോയാൽ എനിക്ക് ദൈവം എന്ത് ചെയ്യുകയുള്ളൂ എന്നെ യഥാർത്ഥത്തിൽ ആ കഷ്ടതയിൽ നിന്ന് ഒരു വിടുതൽ നൽകുകയുള്ളൂ കണ്ടോ നമ്മൾ പറഞ്ഞു പറഞ്ഞ് മാല പോലെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോവുക നമുക്കെന്താണ് വേണ്ടത് കഷ്ടതയെന്ന് വിടുതലാണ് വേണ്ടത് പക്ഷേ കഷ്ടതയെന്നുള്ള വിടുതൽ അതിൽ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല കഷ്ടതയെന്നുള്ള വിടുതൽ വേണമെങ്കിൽ അതിനു മുമ്പ് ഭയത്തിൽ നിന്ന് വിടുതൽ വേണം ഭയത്തിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ നമ്മൾ യഥാർത്ഥ ദൈവഭയം നമുക്ക് വേണം യഥാർത്ഥ ദൈവഭയം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹൃദയം വിഭജിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഏകാഗ്രമാകണം ഓ ഇരമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഒരു വാക്യം കൊണ്ട് മാത്രം പറയരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇരമ്യാവിൻ്റെ പുസ്തകത്തിലും ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട് ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം അവിടെ ഇരമ്യാവ് പറയുന്നുണ്ട് അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നീ ആലോചനയിൽ വലിയവനും പ്രവർത്തി ശക്തിമാനുമാകുന്നു ഓരോരുത്തരും അവൻ്റെ നടപ്പിനും പ്രവർത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ വഴികളിന്മേലും ദൃഷ്ടിവയ്ക്കുന്നു അവിടെ കർത്താവ് ഇവിടെ പറയുന്ന കാര്യം എന്താ അവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണ് കർത്താവ് ദൈവഭയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പത്തൊൻപതാം വാക്യം ഈ വാക്യത്തോട് ചേർന്ന് ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് അതിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിലാണ് അതെ അതെ അതെ അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിലാണ് നമ്മൾ പറഞ്ഞ ആ കാര്യത്തോട് ചേർത്ത് ഇതിനെ ആലോചനയിൽ വലിയവനും പ്രവർത്തി ശക്തിമാനുമായവൻ അവൻ പ്രവർത്തികളുടെ ഫലത്തിനും തക്കവണ്ണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞതുമായിട്ട് ചേർത്തുള്ള കാര്യം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യമാണ് ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യം അവിടെ അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗവും കൊടുക്കും കണ്ടോ ഇവർക്ക് നന്മ വരാൻ വേണ്ടി ദൈവം ചെയ്യുന്നത് എന്താ ഇവർക്ക് നന്മ കിട്ടാത്തതിന് കാരണം ഹൃദയം ഡിവൈഡഡ് ആയിട്ടിരിക്കുക വിഭജിക്കപ്പെട്ടിരിക്കുക അതുകൊണ്ട് ഇവർ ഇവർക്ക് ഏക മനസ്സും ഏകമാർഗ്ഗവും ഞാൻ കൊടുക്കും ഇങ്ങനെ ഏക മനസ്സും ഏകമാർഗ്ഗവും കൊടുത്താൽ അവർക്ക് എന്തോ ലഭിക്കും അവരെന്നെ ഭയപ്പെടും ഭയപ്പെടും ദൈവത്തെ ഭയപ്പെടാൻ ആ ഏകാഗ്രതയുള്ള ഒരു ഹൃദയം ആവശ്യമാണ് എന്ന് എൺപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ കണ്ടതാണ് നമ്മളെ രമ്യാമിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപതിൽ നമ്മളിപ്പോൾ വായിച്ചത് എന്നെ ഭയപ്പെടേണ്ടതിന് എന്നെ എന്നേക്കു ഭയപ്പെടേണ്ടതിന് ഞാൻ ഏക മനസ്സും ഏകമാർഗവും ഏക മനസ്സ് ഒരൊറ്റ മനസ്സ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവർ നമ്മൾ ഈ കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഇപ്പോൾ കണ്ടോ നമ്മൾ ഭയത്തെക്കുറിച്ച് പറഞ്ഞാൽ വന്നത് ഭയം പുറത്താക്കപ്പെടേണ്ടതാണ് കാരണം കഷ്ടത മാറണം കഷ്ടത മാറണമെങ്കിൽ ഭയം പുറത്താക്കപ്പെടണം ഭയം പുറത്താക്കപ്പെടാത്തതിന് കാരണമെന്താ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടാത്തതാണ് യഥാർത്ഥ ദൈവഭയം നമുക്കില്ലാത്തതിന് കാരണം എന്താ നമ്മുടെ ഹൃദയം ഏകമനസും ഏകമാർഗവുമായിരിക്കുന്നില്ല ഏകാഗ്രമായിരിക്കുന്നില്ല നമുക്കതുകൊണ്ട് നമ്മളോട് തന്നെ നമുക്ക് നോക്കാം ദൈവേൻ്റെ ഹൃദയത്തിലെ അന്വേഷണങ്ങൾ എന്താ ദൈവത്തെക്കുറിച്ച് എനിക്കൊരന്വേഷണമുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെയും ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ ഇതാണ് ഒരൊറ്റ കാര്യം എന്നുള്ള നിലയിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമാണോ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് സങ്കീർത്തനക്കാരൻ ഇരുപത്തേഴാമത്തെ സങ്കീർത്തനത്തില് അതിൻ്റെ നാലാമത്തെ വാക്യം പറയുന്നു ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു ഒരു കാര്യം പലപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞ് ദൈവം അതിന് ഊന്നൽ നൽകുന്നുണ്ടല്ലോ ഞാൻ ഒരു കാര്യം അന്വേഷിക്കുന്നു മാർത്തയോടെ കർത്താവ് പറഞ്ഞു പലത് വേണ്ട ഒന്നു മതി പൗലോസ് പറയുന്നു ഞാന് ഒരു കാര്യത്തിനായിട്ട് ഒന്ന് ലക്ഷ്യം വെച്ച് ഓടുന്നു അപ്പം നോക്കുക ഒരു കാര്യം ഒറ്റ കാര്യം എന്താ അത് ദൈവം ദൈവത്തിനായിട്ടുള്ള ഒരു അത് അതിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമായാൽ അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഏകാഗ്രമായാൽ നമുക്ക് ദൈവഭയമുണ്ടാകും ഈ ദൈവഭയം നമ്മുടെ മറ്റു ഭയങ്ങൾ മാറിപ്പോകും പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ദൈവത്തിന് തീർച്ചയായിട്ടും നമുക്കൊരു സ്ഥാനമുണ്ട് എന്നാൽ അത് കൂടാതെ മറ്റേതെങ്കിലുമൊക്കെ കാര്യം നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ നങ്ങനെ പറയുമ്പോൾ ആളുകൾ ചോദിക്കും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം നമുക്ക് കാര്യങ്ങൾ വേണ്ടേ തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ വേണം നമുക്കും ജോലിക്ക് പോകണം നമ്മുടെ കുട്ടികൾക്കും വിദ്യാഭ്യാസം കിട്ടണം ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം പക്ഷേ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ഏകാഗ്രത ഒരു കാര്യം ഞാൻ അന്വേഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിലാണ് നമ്മൾ ആ കാര്യം കാണുന്നത് ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം അതും നമ്മളിപ്പോൾ വായിച്ച മുപ്പത്തിനാലാം സങ്കീർത്തനം പോലെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ആ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് എന്താ ഞാൻ എഹോയുടെ ഒരു കാര്യം അപേക്ഷിച്ചു ഒറ്റ കാര്യം അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ ബന്ധത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോയുടെ ആലയത്തിൽ പാർക്കേണ്ടതെന്നും തന്നെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുള്ള ഒരു ജീവിതം ആ ഒരു കാര്യമാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ദാവീത പറയുന്നത് കണ്ടോ ദാവീത് ഒരു വലിയ രാജാവെന്നുള്ള നിലയിൽ അവനവൻ്റേതായ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സേനയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ശത്രുത്വത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ വലിയൊരു കുടുംബം ഉണ്ടായിരുന്ന ആളാണ് ദാവീത് കുടുംബത്തിലെ കുട്ടികളുടെ കാര്യം ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദാവീദിനെപ്പോലെ ഇത്രയും കുടുംബം കൊണ്ട് ഭാരപ്പെട്ട വേറൊരാളുണ്ടോ ഏ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും ഏഹ് ഒരു മകൻ തന്നെ തടവി പിടിക്കാൻ വരികയും കണ്ടുകൊണ്ട് പേടിച്ചോടേണ്ടി വരികയൊക്കെ ചെയ്ത അനുഭവങ്ങൾ നമുക്കറിയാം അപ്പോൾ കുടുംബമുണ്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം നമ്മളെക്കാളൊക്കെ ഒട്ടേറെ പ്രാരാബ്ദങ്ങളുള്ള ആളായിരുന്നു ദാവീദ് പക്ഷേ ദാവീദ് ആ ആ തിരക്കുകൾക്കെല്ലാം ഇടയിലും ദാവീദ് പറയുക ഞാൻ എന്തോ ചെയ്യുന്നു ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുന്നു ഒരു കാര്യം വൺ തിങ് ഒറ്റ കാര്യം മാർത്തയുടെ കർത്താവ് പറയുന്നു മാർത്തെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കണ്ട ഒന്നു മതി ഒന്ന് മതി ഒന്ന് മതി ഓ പുലിപ്പിലേഖനത്തിലെ പൗലോസ് പറയുന്നു ഞാൻ ഒരു കാര്യം ഒരു കാര്യം ലക്ഷ്യം വെച്ച് ഓടുന്നു മനസ്സ് ഏകാഗ്രമാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ദാവീത് രാജ്യത്തിൻ്റെ കാര്യം നോക്കിയില്ലെന്നോ കുടുംബത്തിൻ്റെ കാര്യം നോക്കിയില്ലെന്നോ ആണോ അല്ല അതെല്ലാം വേണ്ടതുപോലെ നോക്കി പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ കാര്യങ്ങളിലെല്ലാം ഇടപെടുമ്പോഴും തൻ്റെ മനസ്സ് ദൈവത്തിൽ ഏകാഗ്രമായിരുന്നു അത് ദൈവത്തിൽ യുണൈറ്റഡ് ആയിരുന്നു അത് ഡിവൈഡഡായിപ്പോയില്ല ഹൃദയത്തിൻ്റെ ഒരു പകുതി നമ്മുടെ പ്രൊഫഷനിലും ഒരു പകുതി ദൈവത്തിലും വച്ച് പ്രൊഫഷൻ വേണ്ടെന്നാണോ അതിൻ്റെ പ്രൊമോഷനുകളും മറ്റ് കാര്യങ്ങളും വേണ്ടെന്നാണോ അല്ല അല്ല അല്ല പക്ഷേ പക്ഷേ നമ്മളെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഒരു കാര്യമെന്നുള്ള നിലയിൽ നമ്മളൊരു കാര്യത്തെ കണ്ടാൽ അത് ദൈവത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം അങ്ങനെ ദൈവത്തിൽ നമ്മുടെ ഹൃദയം യുണൈറ്റഡായിരുന്നാൽ നമുക്കത് യഥാർത്ഥ ദൈവഭയം നൽകും യഥാർത്ഥ ദൈവഭയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഭയങ്ങൾ ഉണ്ടാവുകയില്ല മറ്റ് ഭയങ്ങൾ ഉണ്ടാകാത്ത ആ നിലയിലായിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായ കഷ്ടങ്ങളാൽ ഒരു ഭയം പെട്ടെന്ന് വന്നാലും അതിൽ നിന്ന് നമുക്ക് വേഗത്തിൽ വിമോചനം നേടാനായിട്ട് കഴിയും അങ്ങനെ വിമോചനം നേടി കഴിയുമ്പോൾ ദൈവം എന്തു ചെയ്യും ദൈവം നമ്മുടെ കഷ്ടങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കും ഇതാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് വളരെ വേഗത്തിലെ മുപ്പത്തി നാലാം സങ്കീർത്തനത്തിലെ ഒരു വാക്യത്തിലൂടെയൊക്കെ കൂടെ വരാം മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതയുടെ മധ്യത്തിൽ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ദൈവത്തിലേക്ക് നോക്കാനായിട്ട് കഴിയും ദൈവത്തെ നോക്കുക അവങ്കിലേക്ക് നോക്കുക അവങ്കിലേക്ക് നോക്കുമ്പോൾ ആ അതാ സത്യത്തെ ഈ അവങ്കിലേക്ക് ഈ നോട്ടമാണ് സത്യത്തിൽ എന്ത് വിശ്വാസമെന്ന് പറയുന്നത് അതാ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഈ പല വാക്കുകളും നമുക്ക് അത്രത്തോളം അങ്ങോട്ട് മനസ്സിലാകില്ല വിശ്വാസം നമ്മൾ ചിലപ്പം പറയും ബ്രദറെ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല വിശ്വാസമൊന്നുമില്ല എന്താ ഈ വിശ്വാസം വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളീ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിശ്വാസം ഉണ്ടോ ഇല്ലയോ ചിലരെ കുറിച്ച് പറയും ആളിന് വലിയ വിശ്വാസമുണ്ട് എനിക്കത്രയും വിശ്വാസമില്ല ഹന്നാവിറ്റാൽ സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു ദൈവദാസിയുടെ ആ സഹോരി പറഞ്ഞിട്ടുള്ള അവൾ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നമ്മളിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഹന്നാവിറ്റാൾ സ്മിത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളീ വിശ്വാസമെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എന്താ വിചാരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് വിശ്വാസമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് നമ്മളുടനെ ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് നമ്മുടെ ഉള്ളിലോട്ട് നോക്കുക ഉള്ളിലോട്ട് നോക്കുമ്പോൾ അവിടെ വിശ്വാസവും ഒന്നുമില്ല നമ്മൾ ഉടനെ പേടിച്ചു അയ്യോ എനിക്ക് വിശ്വാസമില്ലേ വിശ്വാസം എന്ന് പറയും എന്നാൽ അന്നാവിറ്റാൽ സ്മിത്ത് പറഞ്ഞത് പ്രിയപ്പെട്ടവര് വിശ്വാസം നമ്മുടെ ഉള്ളിലല്ല വിശ്വാസം നമുക്ക് പുറത്താണ് നമുക്ക് പുറത്താണെന്ന് പറഞ്ഞാൽ ദയവായിട്ട് ശ്രദ്ധിക്കണേ വിശ്വാസം നമുക്ക് പുറത്താണെന്ന് പറഞ്ഞാൽ പുറത്ത് എവിടാ പുറത്ത് ദൈവത്തിലാണ് വിശ്വാസം കർത്താവായി യേശു ക്രിസ്തു ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിക്കും ദൈവത്തിൽ വിശ്വസിപ്പിക്കും മർക്കോസിന്റെ സുവിശേഷത്തില് ഒരു രംഗത്തെ കർത്താവ് പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും നമ്മൾ പലപ്പോഴും വിശ്വാസമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം തരയുന്നു എന്നാൽ ഇവിടെ പറയുന്നത് ദൈവത്തെ അവിശ്വസിക്കേണ്ടത് ദൈവത്തെ അവിശ്വസിക്കട്ടെ ദൈവത്തെ എന്തുവാ വിശ്വസിക്കേണ്ടത് ദൈവത്തെ വിശ്വസിക്കേണ്ടത് ദൈവം സർവശക്തനാണെന്നും ദൈവം നമ്മളോട് കരുണയുള്ളവനാണെന്നും ഉള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അത് വിശ്വസിക്കാൻ എന്താ പ്രയാസം അത് സത്യത്തിൽ ദൈവത്തെ വേണ്ടതുപോലെ നോക്കാത്തത് അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ധൈര്യമായിട്ട് വരാത്തത് ദൈവത്തെ നോക്കിയാൽ ദൈവം സർവശക്തനാണ് അത് വിശ്വസിക്കാൻ വല്ല പ്രയാസമുണ്ടോ ദൈവ സർവശക്തനാണ് ഈ സർവ അഖിലാണ്ടത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ സകലതിനെയും പാലിക്കുന്നവൻ എല്ലാം ഈ ഭൂമിയുടെ ഇരുപത്തിമൂന്നര ഡിഗ്രി ചരിഞ്ഞാൽ നിൽക്കുന്നത് എന്ന് പറയാറുണ്ട് അച്ഛതണ്ട് ഇരുപത്തിമൂന്നര ഡിഗ്രി ചരിഞ്ഞാ നിൽക്കുന്നത് അര ഡിഗ്രി അതിനെ നേരെയാക്കിയിരുന്നെങ്കിൽ എന്തു പറ്റിയേനേയും അര ഡിഗ്രി നേരെയാക്കിയിരുന്നെങ്കിൽ സൂര്യനോട് അടുക്കുകയും ഇവിടെയുള്ള സ്ഥലം മുഴുവൻ സഹാറ മരുഭൂമി പോലെ ആയി പോവുകയും ചെയ്യുമായിരുന്നത്ര എന്നാൽ ഈ അര ഡിഗ്രി താഴോട്ടാക്കിയിരുന്നെങ്കിൽ എന്ത് പറ്റിയതിനേം ഈ സമുദ്രമെല്ലാം കയറി ഈ ഭൂമിയെ മുഴുവൻ മൂടിപ്പോയനെയും കണ്ടോ ഞാൻ എനിക്കറിയില്ലേ ഇതിൻ്റെ ശാസ്ത്രമൊന്നും എനിക്കറിഞ്ഞോടോ ഞാൻ എവിടെയാണ് വായിച്ചതാണ് അപ്പോൾ കൃത്യം ഇരുപത്തി ഡിഗ്രിയിൽ ഇത് സാധനത്തെ ഇങ്ങനെ നിർത്തിയിരിക്കുക അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ സഹാറ മരുഭൂമി ഇങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ അന്റാർട്ടിക്ക ആയിപ്പോയനെയും കൃത്യത്തിന് നമുക്ക് ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറഞ്ഞ് നമുക്കിതിൽ ഇറങ്ങി നടക്കത്തക്കവണ്ണം ഈ ഭൂമിയെ ഇത്ര മനോഹരമായിട്ട് നിർത്തുകയും ഇതിനെ ഓരോ ദിവസവും അതിൻ്റെ അച്ചുതണ്ടിൽ കൃത്യമായിട്ട് കറക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാ ദൈവമാണ് ആ ദൈവം സർവശക്തനല്ലേ അത് വിശ്വസിക്കാൻ വല്ല പ്രയാസവും ഉണ്ടോ ഒരു പ്രയാസവും ഇല്ല ഒരു പ്രയാസമില്ല അപ്പോൾ വിശ്വാസം വളരെ ലളിതമാണ് സർവശക്തനാണ് ദൈവം ഓക്കെ അത് ഒരു വശം പക്ഷേ അതിനോട് ചേർന്നൊരു കാര്യമുണ്ട് ഈ സർവശക്തനായ ദൈവം എന്നോട് കരുണയുള്ളവനുമാണ് എന്നോട് കരുണയുള്ളവനാണ് എന്നോട് കരുണയുള്ളവനാണ് എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ പിതാവാണ് ഈ ഒരു കാര്യം അതുകൂടെ കാണുമ്പോഴാണ് നമ്മൾക്ക് ആ രണ്ട് കാര്യങ്ങളും ദൈവത്തിലുണ്ട് ആ അത് ദൈവത്തിലുണ്ടെന്ന് ദൈവത്തെ നോക്കുന്നതാ വിശ്വാസം ഇതാണ് ഹനാ വിറ്റാൾ സ്മിത്ത് പറഞ്ഞത് പലപ്പോഴും നമ്മൾ വിശ്വാസമെന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് ഉത്പാദിപ്പിച്ചെടുക്കേണ്ട നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഏതാണ്ട് പോലെയാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല വിശ്വാസം വളരെ ലളിതമാണ് ദൈവമുണ്ട് ദൈവത്താൽ കഴിയും ദൈവം ചെയ്യാൻ നമ്മളോട് സ്നേഹമുള്ളവനുമാണ് ഇത്രയേ ഉള്ളു കാര്യം മത്തായി സുവിശേഷം എട്ടാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ രണ്ട് കാര്യങ്ങൾ മത്തായിയും മർക്കോസും പറയുന്നതുമായിട്ട് ചേർത്ത് നമ്മൾ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ മത്തായി എഴുതുന്ന സുശേഷം എട്ടാമധ്യായം നമ്മൾ പറഞ്ഞു വന്നതോടെ ഉള്ള ബന്ധത്തിൽ ആ കാര്യം കൂടെ പറയാം അതിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം എട്ടിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യം അവനൊരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിലകളാൽ മുങ്ങുമാറായി അവനോ ഉറങ്ങുകയായിരുന്നു അവർ അടുത്ത് ചെന്ന് കർത്താവേ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നു പറഞ്ഞ് അവനെ ഉണർത്തി അവനവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ പേരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു ഇവിടെ കണ്ടോ അവരെന്താ കർത്താവിനോട് പറയുന്നത് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾ നശിച്ചു പോകുന്നു ഞങ്ങൾ നശിച്ചു പോകുന്ന ഞങ്ങളെ നിനക്ക് രക്ഷിക്കാൻ കഴിവില്ലേ എന്നാണ് അവരവിടെ ചോദിക്കുന്നത് എന്നുവെച്ചാൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിലെ ചോദ്യം എന്തിനെ അഡ്രസ്സ് ചെയ്യുന്നത് ദൈവം സർവശക്തനാണോ രക്ഷിക്കാൻ ശക്തിയുള്ളവനാണോ എന്നുള്ളതാണ് അവരിവിടെ ചോദിക്കുന്നത് ദൈവയെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു ഞങ്ങളെ രക്ഷിക്കത്തക്കവണ്ണം നീ ശക്തനാണോ എന്നുള്ളതാണ് അവരിവിടെ ചോദിക്കുന്നത് എന്നാൽ ഇതേ കാര്യം മർക്കോസിൻ്റെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൽ കാണുമ്പോൾ നോക്കുക നാലാമധ്യായത്തിൻ്റെ നാലാമധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം മുപ്പത്തി എട്ടാമത്തെ വാക്യം അവൻ അമരത്ത് തലേണ വെച്ചുറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു കണ്ടോ ആദ്യം മത്തായി പറഞ്ഞതെന്താ മത്തായി പറഞ്ഞത് രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ് ഞങ്ങൾ നശിച്ചു പോകാതെ ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് ശക്തിയില്ലേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സർവശക്തിയെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് ഇവിടെ എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൻ്റെ മുപ്പത്തെട്ടിൽ അവരെന്താ പറയുന്നത് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലോ നിനക്ക് ഈ കാറ്റിനെയോ കോളിനെയോ ശാസിക്കാൻ നിനക്ക് ശക്തിയൊക്കെ കാണും പക്ഷേ ഇതിൽ ഞങ്ങളെ രക്ഷിക്കത്തക്കവണ്ണം ഞങ്ങളോട് നിനക്ക് കരുണയില്ലേ ദൈവത്തിൻ്റെ കരുണയാണ് അവരിവിടെ അഡ്രസ് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ഈ രണ്ട് കാര്യവുമുണ്ട് ദൈവം സർവശക്തനാണ് അതേസമയം തന്നെ ഈ സർവശക്തനായ ദൈവം നമ്മളോട് ഒരു പിതാവെന്നുള്ള നിലയിൽ വാത്സല്യവും ഉള്ളവനാണ് ഈ രണ്ട് കാര്യം വിശ്വസിച്ച് അവനെ നോക്കുന്നതാ സത്യത്തിൽ വിശ്വാസമെന്ന് പറയും അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ വിശ്വ എനിക്ക് വിശ്വാസമില്ല വിശ്വാസം ഇല്ല എന്നുള്ള ആ ഒരു വിലാവും ആ പരിവനവും അവസാനിപ്പിക്കണേ നമുക്ക് വിശ്വാസമുണ്ട് നമുക്ക് വിശ്വാസമുണ്ട് എന്താണ് വിശ്വാസം ഇത് നമ്മളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഒന്നല്ല ദൈവത്തെ ദൈവം ആയിരിക്കുന്ന അവസ്ഥയെ കണ്ടാൽ മതി ദൈവം ആയിരിക്കുന്ന അവസ്ഥ എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ സർവശക്തനാണ് അവന് കഴിയും അത് കണ്ടാൽ മതി അതുപോലെ തന്നെ കാണേണ്ട മറ്റൊരു കാര്യം ആ സർവ്വശക്തനായ ദൈവത്തിന് മൺപുഴുവായ എന്നോട് എന്നോട് എന്നോട് താല്പര്യമുണ്ട് അതാ സത്യത്തിൽ കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഈ യൂണിവേഴ്സിൽ നമ്മുടെ സ്ഥാനം എന്താ നമ്മുടെ സ്ഥാനം എന്താ നമ്മുടെ സ്ഥാനം ഈ ഇത്രയും ഓ ഗോളങ്ങളും നക്ഷത്രങ്ങളും ഇത്രയും മനുഷ്യരും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് പോകുമ്പോൾ രാത്രിയിലൊക്കെ പ്രത്യേകിച്ചും ഈ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് പോ കഴിയുമ്പോൾ ചില ഇഴജന്തുക്കളും ഒക്കെ റോഡിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകാറുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ നട്ടപ്പാതിരാക്കി വണ്ടി ഓടിച്ചു വരുമ്പോൾ ഉണ്ട് ഒരു പാവം പാവം ഒരു പുഴു ഒരായിരം കാലുള്ള ഒരു പുഴു ഇങ്ങനെ ഒരു റോഡിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തോട്ടിങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ ആയിരം കാലും വെച്ചിങ്ങനെ നടന്നു വരിക ഞാൻ വേഗം വണ്ടി വെട്ടിച്ചു വണ്ടി വെട്ടിച്ചു കാര്യം നേരെ പോയാൽ പുഴുവിൻ്റെ മണ്ടയ്ക്ക് കയറി പുഴു ഞെരിഞ്ഞമർന്നു പോകും ഞാൻ തിരിച്ചിങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഞാൻ ഓർത്ത് പോയത് ഞാൻ എന്ത് ആ ഞാനൊരു വലിയ എല്ലാം എല്ലാ പക്ഷിമൃഗാദികളോടും വലിയ കരുണയുള്ള ഒരാളാണ് എന്ന് പറയാനല്ല ഞാനിത് വന്നത് ഞാൻ പറയാൻ വന്നത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ദൈവഭൃത്യൻ എഴുതിയ ഒരു കാര്യം ഞാൻ ഓർത്തിട്ടുണ്ട് വായിച്ചത് ഞാൻ ഓർത്തു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം ഒരിക്കൽ തൻറ്റേതായ വിഷമങ്ങളൊക്കെയായിട്ട് താൻ ഒരു റോഡിൻ്റെ അരികിൽ എങ്ങനെ ഇരിക്കുക റോഡിൻ്റെ അരികിലിരിക്കുമ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുമ്പോൾ താൻ ഓർക്ക് ഓഹ് ഞാനിവിടെ വന്നു എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല എനിക്കാരും ഇല്ല ദൈവം സഹായമാണെന്നൊക്കെ പറയുന്നു പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ വിഷമത്തിൻ്റെ മട്ടിൽ എന്നെ സഹായിപ്പാൻ ആരുണ്ട് എന്ന് പറഞ്ഞ് താനങ്ങനെ ഇരിക്കുമ്പോൾ താനവിടെ ഒരു മരച്ചവട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഏ എഴുപതടിയോറ്റോ വീതിയുള്ള 70 ഫീറ്റ് ഒരു റോഡാണ് വലിയൊരു ഹൈവേയാണ് ഈ ഹൈവേയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു റോഡരികിലിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വിചിത്രമായ കാഴ്ച കണ്ടു ഒരു പുഴു പുഴുവെന്തോ ചെയ്യുക ഈ ഹൈവേ ക്രോസ് ചെയ്യാൻ തുടങ്ങുക ഈ പുഴു ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തെത്തണേ എത്ര നേരം എടുക്കും ഈ മനുഷ്യൻ ഇത് കണ്ടപ്പം വിചാരിച്ചു ഓ ഈ പുഴുവെന്തോ പറ്റി അങ്ങേ അറ്റത്ത് എത്തുകയില്ല കാര്യം നിരന്തരം വണ്ടികളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പെട്ടി പുഴു ഞെരിഞ്ഞമർന്ന് ചത്തുപോകും എന്ന് വിചാരിച്ച അദ്ദേഹം അതിനെ ശ്രദ്ധിച്ചപ്പം ആ പുഴു ഇതെന്ന് പറഞ്ഞുകൂടെ പാവം പുഴു പുഴു എന്താ ഹൈവേ ആണെന്ന് ഒന്നും അറിയാതെ ഒരറ്റത്തൂന്ന് പതുക്കെ എഴുന്നഴിഞ്ഞ് വന്നപ്പോൾ ഒരു വലിയ ട്രക്ക് വന്നു ഈ മനുഷ്യനെ തലേ കൈ വച്ചു ഇപ്പോൾ അത് ചാവും പക്ഷേ അവിടെ വന്നപ്പോൾ കൃത്യത്തിന് ആ ട്രക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അതങ്ങ് മാറി പുഴു പിന്നെയും അതിൻ്റെ യാത്ര തുടരുക അടുത്ത വണ്ടി വന്നു ഇത്തവണ അത് ചാവും ഇല്ല ഇത്തവണയും എങ്ങനെയോ രണ്ട് വീലിൻ്റെ ഇടയിൽ അത് പിന്നെയും പോയി അങ്ങനെ ഏകദേശം മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ എടുത്ത് ഈ പുഴു ഹൈവേയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഒരു കേടും കൂടാതെ പോകുന്നത് കണ്ടു ഈ ദൈവൃത്തേൻ അത്രയും നേരം അവിടെ വരുന്നു അത് കണ്ടപ്പം അദ്ദേഹത്തിന് ധൈര്യമായി നമ്മൾ മുമ്പേ വായിച്ച വാക്യം നമുക്കറിയാമല്ലോ ഐശയമെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാമധ്യായ പതിനാലാമത്തെ വാക്യം പുഴുവായ യാക്കോബെ ഇസ്രായേൽ പരീക്ഷേ ഭയപ്പെടണ്ട പ്രിയപ്പെട്ടവർ നമ്മുടെ ഇവിടുത്തെ സ്ഥാനം ഈ യൂണിവേഴ്സിലെ സ്ഥാനം ഈ പുഴുവിനുള്ളതിനെപ്പോലെ അത്രയും നിസ്സാരമായിരിക്കും പക്ഷെ ഒരു പുഴുവിനെപ്പോലും അത് ഞെരിഞ്ഞമർന്നു പോകാതെ അതിനെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ദൈവം നടത്തിയെങ്കിൽ ഈ ദൈവത്തിനുടനെ തന്നെ ദൈവത്തോട് ക്ഷമ പറഞ്ഞു ദൈവമേ ഞാനങ്ങനെ അവിശ്വസിച്ചതിന് എന്നോട് ക്ഷമിക്കണം ഈ പുഴുവിനെ പോലും ഇങ്ങനെ അവിടെ നിന്ന് നടത്തിയെങ്കിൽ അവിടുന്ന് നിയമിക്കാത്ത ഒരു സമയത്ത് ഒരു ജീവൻ പോലും നഷ്ടപ്പെടുകയില്ലെങ്കിൽ എന്നെക്കുറിച്ച് അവിടെ എത്ര കരുതുന്നുണ്ട് ആ കരുതൽ കാണാതെ ഞാൻ വിഷമിച്ചു പോയല്ലോ എന്നോർത്ത് ആ ദൈവഭൃത്യൻ അവിടെ യഥാസ്ഥാനപ്പെട്ടു ഇതാണ് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു പുഴു വന്നപ്പം ആ പുഴുവിനെ വെട്ടിച്ച് അത് ജീവിച്ചു എന്ന് വിചാരിച്ച് വണ്ടി മാറ്റിക്കൊണ്ടു വന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ നമുക്ക് ഈ യൂണിവേഴ്സിലുള്ള സ്ഥാനം ഒരു പുഴുവിനുള്ള സ്ഥാനത്തിൻ്റെ അത്രയും പോലും ഇല്ലായിരിക്കും പക്ഷേ ഈ വഴി വലിയ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച വലിയവനായ ദൈവം പുഴുവായ എന്നോടും നിങ്ങളോടും പറയുന്നു ഭയപ്പെടണ്ട ഭയപ്പെടണ്ട കാരണം എന്താ അവിടുന്ന് ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവ്വശക്തൻ മാത്രമല്ല അവിടുന്ന് എന്നെയും നിന്നെയും സ്നേഹിക്കുന്നവനുമാണ് സ്നേഹിക്കുന്നവനാണ് അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന കരുതുന്ന കർത്താവ് നമ്മൾ നേരത്തെ പർവ്വത പ്രസംഗത്തിൽ നിന്ന കർത്താവ് പറഞ്ഞത് വായിച്ചല്ലോ ഭയപ്പെടണ്ട ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറയാം കൊന്നിട്ട് നരകത്തിലിടാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെട് എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് എന്താ നിങ്ങളുടെ തലയിലെ ഒരു മുടിനാരി പോലും വീഴാതെ സൂക്ഷിക്കുന്നവനാണ് ഞാൻ ദൈവത്തിൻ്റെ കരുണയിലേക്കാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു വന്നതിനെ നമുക്കിങ്ങനെ സംക്ഷേപിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ കേവലം അതൊരർത്ഥമില്ലാത്ത ഒരു കാര്യമല്ല അതിലൂടെ ദൈവം നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുക നമ്മളെ ദൈവത്തിൽ തന്നെ ഉറപ്പിക്കുക നമ്മളെ കൂടുതൽ പെർഫെക്റ്റ് ആക്കുക എന്തിൽ നിന്നാണ് നമ്മളൊരു കാര്യമാണ് ചിന്തിച്ചത് അകാരണമായ ഭയങ്ങളിൽ നിന്ന് ആ ഭയങ്ങളിൽ നിന്ന് നമ്മളെ വിടുപ്പിക്കാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും കൊച്ചു കാര്യങ്ങളുടെ മുമ്പാകെ ദൈവ മക്കളാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ ഭാരപ്പെട്ടു പോയിട്ടുണ്ട് ഇല്ലേ ഭാരപ്പെട്ടു പോയിട്ടില്ലേ അങ്ങനെ ഭയപ്പെട്ടു പോയിട്ടുണ്ട് അതിനെ നമ്മൾ ഇനി നിസ്സാരമായിട്ടെടുക്കല്ലേ ഞാൻ എന്തുകൊണ്ടാണ് കൂടെ കൂടെ അങ്ങനെ നിരാശപ്പെട്ട് ഭയപ്പെട്ടു പോകുന്നത് ഞാൻ ദൈവത്തെ വേണ്ട അളവിൽ ഭയപ്പെടാത്തതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടിട്ടിരുന്നെങ്കിൽ ഞാൻ മറ്റാളുകളെ മറ്റ് സാഹചര്യങ്ങളെ ഭയപ്പെടുമായിരുന്നില്ല ഓ ആട്ടെ ഞാൻ എന്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ല വേണ്ട അളവിൽ ദൈവത്തെ ഭയപ്പെടുന്നില്ല എൻ്റെ ഹൃദയം ഏകാഗ്രമല്ല എൻ്റെ അന്വേഷണം വേറെ എവിടെയൊക്കെയോ കിടക്കുന്നു അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പറയാം ദൈവേ യുണൈറ്റ് മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ നീ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കുമ്പോൾ ഞാൻ നിന്നെ ഭയപ്പെടും ഞാൻ നിന്നെ ഭയപ്പെടുമ്പോൾ എനിക്ക് മറ്റു ഭയങ്ങൾ ആ ആ മറ്റ് നിന്ന് വളരെ വേഗത്തിൽ മോചിക്കപ്പെടാനായിട്ട് പറ്റും മറ്റു ഭയങ്ങളിൽ നിന്ന് വളരെ വേഗത്തിൽ എനിക്ക് പുറത്തു വരാനായിട്ടൊക്കെ എന്ന് തന്നെയല്ല മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ ആ സങ്കീർത്തനക്കാരൻ പറയുന്നു ഓ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു അതിനെ തുടർന്ന് സകല കഷ്ടതയിൽ നിന്നും വിടുവിക്കും സഹോദരി നിൻ്റെ ജീവിതത്തിൽ സഹോദര നിൻ്റെ ജീവിതത്തിലുള്ള കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കഷ്ടങ്ങളെ മാറ്റിത്തരണേ കഷ്ടങ്ങളെ മാറ്റിത്തരണേ എന്നാണോ ഇനി പ്രാർത്ഥിക്കേണ്ടത് അല്ല കഷ്ടങ്ങളെ മാറ്റിത്തരണെന്നല്ല പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഭയം മാറ്റിത്തരണേന്ന് ഭയം മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്യേണ്ടത് എന്താ ദൈവമേ ഞാൻ നിന്നെ വേണ്ടത്ര ഭയപ്പെടുന്നില്ലേ അതുകൊണ്ടാണോ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഞാൻ ഭയപ്പെട്ടു പോകുന്നത് അങ്ങനെയാണെങ്കിൽ നിന്നെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ കൂടുതൽ ഏകാഗ്രമാക്കണമേ എൻ്റെ അന്വേഷണങ്ങൾ ചെതറിക്കിടക്കുകയാണോ അതിൽ നിന്ന് മാറി നിനക്കൊന്നാസ്ഥാനം നൽകി അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഹൃദയം യുണൈറ്റഡ് ആകും നിന്നെ എനിക്ക് ഭയപ്പെടാൻ കഴിയും നിന്നെ ഭയപ്പെടുമ്പോൾ മറ്റു ഭയങ്ങൾ എന്നെ അലട്ടുകയില്ല മറ്റു ഭയങ്ങൾ വന്നാലും അതിൽ നിന്നെനിക്ക് വേഗത്തിൽ വെളിയിൽ വരാൻ കഴിയും ഓ ആ കാര്യം കാണുക ആ ദൈവത്തെ നോക്കുക അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി ഇതിനോടുള്ള മധ്യത്തിൽ ദൈവത്തെ ദൈവമായിട്ട് കാണുന്നതാണ് ദൈവം സർവശക്തനാണ് അതേസമയം പുഴുവായ ആഘോപി ഭയപ്പെടണ്ട എന്നോടും നിന്നോടും പറയുന്നതാണ് ദൈവം അങ്ങനെയുള്ള ഒരു സ്നേഹവാനായ ദൈവത്തെ വളരെ ലളിതമായിട്ട് പിൻപറ്റുന്ന ആളുകളാണ് നമ്മൾ നമുക്കൊത്തിരി ഒത്തിരി നാട്യങ്ങളൊന്നുമില്ല ഒത്തിരി ഒത്തിരി ആത്മീയതയുടെ ഒത്തിരി പുറംപൂച്ചുകളൊന്നും വേണ്ട പക്ഷേ ഉള്ളിലൊരു ബോധ്യം ഉണ്ടായിരിക്കണം ഈ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൈ പിടിക്കാൻ ഒരാളുണ്ട് പുഴുവായ യാക്കോബെ ഭയപ്പെടണ്ട ഈ പുഴുവായ യാക്കോബിനെ കൊണ്ട് പിന്നെന്താ ചെയ്യിച്ചത് നമ്മൾ വായിച്ച യഷ്യാവിൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ നമ്മൾ വായിച്ച ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ നാൽപ്പത്തി ഒന്നാം അധ്യായം പുഴുവായ യാക്കോബെ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടണ്ട എന്തു ചെയ്യുന്നു ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ ഒരു മെതിയ വണ്ടിയാക്കി തീർക്കുന്നു നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും ഈ പുഴുവായി ആക്കോവ് എന്തോ കണ്ട പേടിച്ചു പോയത് പർവ്വതം പോലുള്ള വലിയ പ്രശ്നം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് പേടിച്ചു പോയത് ഉടനെ കർത്താവ് എന്താ പറയുന്നത് ആദ്യം ആ പുഴുവിനോട് പറയുന്നു പുഴുവെ പേടിക്കണ്ട അവൻ്റെ ഭയത്തെ പുറത്താക്കി എന്നിട്ട് ആ പുഴുവിനെ തന്നെ കൊണ്ടാണ് ഈ പർവ്വതത്തെ ഇടിച്ചുപൊടിക്കുന്നത് ആ അതാണ് വേറൊരു രസകരമായ കാര്യം ഞാൻ നിന്നെ തന്നെ ഏതാ ഈ പുഴു നമ്മുടെ മുമ്പേ പറഞ്ഞ ആയിരം കാലമുള്ള ആ പുഴു ആ പുഴുവിനെ തന്നെ എന്താക്കി തീർത്തു മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു മെതിവണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്തോട് ചേർത്ത് ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട് ഒരു ബുൾഡോസർ ബുൾഡോസറിനെ കണ്ടിട്ടില്ല അതിൻ്റെ പല്ലുമൊക്കെയായിട്ട് വണ്ടികളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു ബുൾഡോസർ സഹോദര സൗകര്യം നീ ഒരു പുഴുവായിട്ടായിരിക്കും ഇപ്പോൾ ആയിരിക്കുന്നത് പക്ഷേ നിന്റെ ബുൾഡോസറാക്കി നിന്റെ പ്രശ്നത്തെ അതിനെ പൊടിയാക്കി തീർക്കാൻ കഴിവുള്ളവനാണ് കർത്താവ് ഹാ ലലുയ്യ ഹാ ലുയ്യ ഹാ ലുയ്യ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം